തധാസുരിത പീഷരസീജയ പന്ത ഓക്കെ സന്തുഷ്ടി പരതൃപ്തസ് മഹത പൂർണജേസ് ക്ഷീരാസ് വിരാജത സന്തുഷ്ടിപരതൃപ്തസ് സന്തുഷ്ടി സന്തോഷം പരതൃപ്തൻ പരമായ തൃപ്തിയെ പ്രാപിച്ച മഹാകഥ മഹാവിനസ്സാണ് സന്തോഷം കൊണ്ട് പൂർണ്ണമായ മനസ്സാണ് ക്ഷീലാബ്ദിയവ ശുദ്ധസ്യ ക്ഷീലാബ്ദ്യൂല ശുദ്ധൻ സാത്വികൻ ആയ അവന്റെ മുഖത്ത് ലക്ഷ്മി രാജത്തെ അവന്റെ മുഖത്ത് ലക്ഷ്മി ശോഭിക്കും പറഞ്ഞിരിക്കുന്ന വിശേഷങ്ങളെല്ലാം പരവുമായ തൃപ്തിയെ പ്രാപിച്ചിരിക്കുന്ന സന്തുഷ്ടനായ ഒരു ജ്ഞാനിയോ യോഗിയോ എന്ത് വേണമെന്ന് പറയാം അതിനെക്കുറിച്ച് പറയുകയാണ് മനസ്സ് സന്തോഷം കൊണ്ട് പൂർണ്ണമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ദുഃഖമില്ല മറ്റു വികാരങ്ങളൊന്നുമില്ല പരമമായി തക്കെ പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇനി അയാൾക്ക് നേടാനൊന്നുമില്ല കൃതകൃത്യനാണ് അതുകൊണ്ട് അയാൾ മഹാനാണ് പിന്നെ ഇതിനെല്ലാം കാരണമായിരിക്കുന്ന ആൾ തിട്ടത്തിന്റെ ശുദ്ധിയാണ് അതിനാണ് ക്ഷീരാബ്ദിയെക്കുറിച്ച് ക്ഷീരസമത്ത് പാൽപോല പരിശുദ്ധം പറയും പങ്കു എൻ്റെ ഐശ്വര്യമാണ് സദാസമയവും ആനന്ദം കൊണ്ടുണ്ടാകുന്ന ഐശ്വര്യം സന്തോഷത്തെ സ്തുതിക്കുന്നതാണ് പൂർണ്ണതാ അലമാശ്രീ ആത്മന സ്വയം പൗരുഷേണ പ്രയത്നേന തൃഷ്ണാണ് സർവ്രവർത്തന പൂർണ്ണതാം അലം ആശ്രിത്യ പൂർണ്ണതയെ ഫലം പര്യാപ്തമായി വേണ്ടത്ര ആശ്രയിച്ചിട്ട് സ്വയം സ്വാത്മനി തന്നെ തന്നെ ആത്മന തന്ന രണ്ടാത്മശ്ദം വന്നുകൊണ്ട് പൊതുവെ സാധാരണ വ്യാഖ്യാനിക്കുന്ന രീതിയിൽ ആത്മനി എന്ന് പറയുന്നത് ആത്മാവെന്നും ആത്മന എന്ന് പറയുന്നു മനസ്സൊന്നുകൊണ്ട് അങ്ങനെ സാധാരണ വ്യാഖ്യാന ശൈലി ആത്മാനുകൊണ്ട് പൗരുഷേന പ്രയത്നേന ഈ പൗരുഷ പ്രയത്നത്തിന്റെ വാസി ആവർത്തിച്ചാവർത്തി അവിടെ പ്രയത്നത്തിനാണ് പ്രാധാന്യങ്ങൾ വിധിക്കണ്ട ഭാഗ്യത്തിന് ഇപ്പൊ പരിശ്രമം കൊണ്ട് കൃഷ്ണ സർവത്രവർജന കൃഷ്ണ സർവത്ര സർവ കൃഷ്ണയെ ദുരാഗ്രഹത്തെ ഒഴിവാക്കണം അത് ഒഴിവാക്കിയാലേ സന്തോഷമായിരിക്കാം അപ്പോ സന്തോഷത്തിൻ്റെ ഒരു ഉപായമായിട്ടാണ് കൃഷ്ണ പാടില്ല എന്ന് പറയുന്നത് അത് പ്രയോഗം ആവശ്യമാണ് പൂർണതയെക്കുറിച്ച് ഞാൻ അടുത്ത ഒരു വിശദത എന്താണെന്നാണ് ചോദിച്ചത് അലം എന്നുവെച്ചാൽ പര്യാപ്തം വേണ്ടത്ര എന്നുവെച്ചാൽ ഒരാളുടെ കഴിവിനനുസരിച്ച് ആശ്രയിക്കും അലം എല്ലായിടത്തും പര്യാപ്തം അതാണ്ട് കഴിവിനനുസരിച്ച് അതിനെ ആശ്രയി കണ്ണം കൃഷ്ണയെ ഒഴിവാക്കണമെങ്കിൽ പുരുഷപ്രയത്നം കൊണ്ടേ സാധിക്കുമെന്ന് പറഞ്ഞു പൗരുഷയുടെ പ്രയത്നം പുരുഷപ്രയത്നം പറയുമ്പോൾ ഓരോരുത്തർക്കും വ്യത്യസ്തമാണ് ഓരോ വ്യക്തികളും വേറെ വേറെയാണോ അവരുടെ പ്രയത്നവും വ്യത്യസ്തമായി അപ്പൊ ഓരോരുത്തർക്കും കഴിയുന്നത്ര രീതി പ്രയത്നത്തെ ആശ്രയിച്ച് ദുരാഗ്രഹങ്ങൾ ഒഴിവാക്കും പൂർണ്ണതയെ കുറിച്ചടുത്ത് പറയുന്നു സന്തോഷം അമൃതപൂർണസിയാണ് വീണ്ടും വരുന്നത് അതുകൊണ്ട് പിന്നെ ഇവിടെയും പറയണോ അടുത്തും പറയുന്നു കണ്ണൂറിച്ചേ ശാന്ത ശീതളയാഥിയാണ് സ്വയം സ്ഥൈര്യം മനോയാഥി സീതാം സൂര്യവും ശാശ്വതം സന്തോഷ അമൃതം കൊണ്ട് പൂർണനാണ് വീണ്ടും പൂർണ്ണതാണ് അല്ല ഇവിടെ ശാന്ത ശീതളയാക്കിയ ശാന്ത കൊണ്ട് സമാധാനമുണ്ട് ബുദ്ധി കൊണ്ട് ശാന്തവും ശീതളവുമായ ശാന്തി കൊണ്ട് ശമം കൊണ്ട് ശീതളം എന്ന് പറയുന്നത് വാസിഷ്ടത്തിൽ പൊതുവെ അർത്ഥം പറയുന്നത് ശാന്തി സമൂഹം എന്ന് പറഞ്ഞാൽ ശാന്തിയാണ് കാവ്യമാണ് കാവ്യാത്മകമായ അതിശയോക്തികൾ ഇതൊരു കാവ്യമാണ് ശരിക്കും വേദാന്തത്തെ വിശദീകരിക്കുന്ന ഒരു കാവ്യം അതിന് കാവ്യമായ അതിശയോക്തികൾ കാവ്യാത്മകമായ അതിശയത്തിൽ ധാരാളം കേരളം അങ്ങനെ ഉണ്ടെങ്കിൽ വ്യാഖ്യാനത്തിന് വിപുലമായ അവസരങ്ങളുണ്ടെന്ന് അത് കാവ്യശീലം അങ്ങനെയാണ് സ്വയം മനഃ സ്വയം സ്ഥൈര്യം ഞാനി മനസ്സ് കാണിക്കുന്നു സീതാംശൂ ഇവ ശാശ്വതം സ്ഥൈര്യം സീതാംശു എന്ന് പറയുന്നത് എന്ന് ശീതാംശുവായി തന്നെ അതാണ് എന്റെ സ്ഥൈര്യം മനുഷ്യൻ കാണാം തുടങ്ങിയ കാലം പോലെ സൂര്യൻ എന്നും അല്ല ചന്ദ്രൻ എന്നും സീതാംശമായിരിക്കും സൂര്യൻ അങ്ങനെയല്ല സൂര്യൻ എന്ന് പറയുന്നത് ഋതുക്കൾക്കനുസരിച്ച് അതിന്റെ സ്വഭാവം മാറും ഹേമന്തത്തിലതിന് ചൂട് ചില സമയം രാവിലെ ആയ ചൂട് കുറവാണ് സന്ധ്യയ്ക്ക് ചൂട് കുറവാണ് നട്ടുച്ചയ്ക്ക് വലിയ ചൂടാണ് മനുഷ്യന്റെ അനുഭവം വെച്ച് പറയുകയാണ് പക്ഷേ ചന്ദ്രൻ അങ്ങനെയല്ല എന്നോ അതോ സീതാംശവും അതിനൊരു സ്ഥിരതയുണ്ട് അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് അതുപോലെ മനസ്സിന് ഒരു സ്ഥിരത്തെ പ്രാപിക്കുന്നു അതിനാദ്യം പറഞ്ഞാണ് സന്തോഷ അമൃത പൂർണ്ണ സന്തോഷമാകുന്ന അമൃതം കൊണ്ട് പൂർണ്ണതയെ പ്രാപിച്ചിരിക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞ മായ അതിശയവും പോയറ്റിക് എക്സാഗ്യേഷനും കാവികളിലൊക്കെ പൊതുവെ ധാരാളം കാണാറുണ്ട് ഓടെന്ന് പറഞ്ഞു സന്തോഷം ആകുന്ന അമൃതം അമൃതം എന്ന് പറയുന്നത് പല സവിശേഷതകൾ വന്ന് അതിന് നാശമില്ല മറ്റൊന്ന് അത് നിരതിശയമാണ് നിരതിശയമായ ആനന്ദം ശാശ്വതമായ ആന അതുകൊണ്ട് തന്നെ അത് പൂർണ്ണവും അപൂർണമായാണ് നമ്മൾ ജില്ലാ പൂർണ്ണമല്ല പൂർണ്ണ വൈതാണ് അദ്വൈതികൾ പറയുന്നു നിരുദ്ദേശ ആനന്ദപ്രാപ്തി നിരധിശയമായ അങ്ങനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് കാവ്യഭാഷയിൽ അങ്ങനെയൊക്കെ പറയാം നിരധിശയമാണ് ഇത് അദ്വീകൾ മാത്രമല്ല സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോഴും ഇങ്ങനെ പറയുന്നു സ്വർഗം എന്ന് പറയുന്ന ഒരു സ്ഥാനം നിരദ്ധ്യാനന്ദം എന്ന് പറയുന്നൊരു അനുഭവം ഇവിടെ തന്നെ അനുഭവിക്കുന്ന അന്തരിയാണ് സ്വർഗം എന്ന് പറയുന്നു മരിച്ചതിന് ശേഷം എത്തിച്ചേരുന്ന ഒരു സ്ഥാനമാണ് എന്റെ ദുഃഖീനെ സമ്പന്നം അഗ്രസ്തം അനന്തരം അഭിലാഷോപനീത ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ചർച്ച ചെയ്തിട്ടുള്ളതുമാണ് ഇന്നത്തെ ഭാഷയിൽ നിന്ന് പറയുന്ന അബ്സല്യൂട്ട് ബ്ലിസ് എന്ന് അങ്ങനെ ആനന്ദത്തിന് ഒരു ആനന്ദം ഒരു അബ്സല്യൂട്ടാവും എന്നെ വ്യാഖ്യാനിച്ചു വന്ന അതാണ് ചോദിച്ച പൂർണ്ണതയും പൂർണമാണ് ഇതുപോലൊന്നും നടപ്പുള്ള കാര്യമാണ് അത് പരിശോധിക്കേണ്ട കാര്യമാണ് ഏതെങ്കിലും ഒന്ന് അഫ്സലോട്ടാവണോങ്കിലൂടെ അത് അൺകണ്ടീഷനിലായിരുന്നു ഒന്നും എല്ലാം മനസ്സിൽ കുറിച്ചു എന്തിനെങ്കിലും ഒന്ന് നമുക്ക് അബ്സലൂട്ട് ഒന്ന് വിളിക്കുമ്പോൾ അത് കണ്ടീഷൻ കാര്യം എടുക്കാം അബ്സലൂട്ടായ ആനന്ദം വേണമെങ്കിൽ ബാഹ്യമായ ഒന്നിനെയോ ആന്തരീയമായ ഒന്നിനെയോ ഒന്നിനെ ആശ്രയിക്കാം ഉള്ള ആനന്ദമായിരിക്കും അപ്പോ നമ്മുടെ സുഖങ്ങളെയൊക്കെ നോക്കുക നമ്മുടെ സുഖങ്ങൾ ബാഹ്യമായോ അല്ലെങ്കിൽ ആന്തരികമോ ചിലപ്പോ നമ്മൾ ബാഹ്യമായ എന്തിനെങ്കിലുമൊക്കെ ആശ്രയിച്ചിട്ടാണ് സുഖത്തെ നേടുന്നത് അല്ലെങ്കിൽ ചിലപ്പോൾ ആന്തരികമായ മനസ്സിന്റെ ആന്തരികമായ അവസ്ഥ മനസ്സിന്റെ ആന്തരികമായ അവസ്ഥ എന്ന് പറയുന്നത് പ്രധാനമായും മനസ്സിൽ ആന്തരികമായ സംഘർഷങ്ങളില്ലാതെ ആന്തരികമായ സംഘർഷങ്ങൾ നമ്മൾ അനുഭവിക്കുന്നില്ലെങ്കിൽ അതുതന്നെ ഒരു സുഖമാണ് ആന്തരിക ഒരു ഫ്രീഡം നമ്മൾ അനുഭവിക്കുന്നത് അതും വലിയ സുഖമാണ് റേഡിയോ സുഖമാണ് ാഹ്യമായ സമ്മർദ്ദങ്ങളില്ലെങ്കിൽ അതും വലിയൊരു സുഖമാണ് ബാഹ്യമായ സമ്മർദ്ദം എന്ന് പറയുന്നത് നമ്മുടെ സ്ത്രീടത്തെ ചുരുക്കുന്ന ഒന്നാണ് ഏതെങ്കിലും തരത്തിലുള്ള അങ്ങനെ ഒന്നും ഉണ്ടാകില്ലെന്നല്ല പറയുന്നത് ജീവിതത്തിൽ ഉണ്ടാകുന്ന കാര്യമാണ് ബാഹ്യമായ സമ്മർദ്ദങ്ങൾ ഉണ്ടാകുക ജീവിതത്തിൽ നിന്ന് സമ്മർദ്ദം ഉണ്ടാക്കുക ജീവിതത്തിൽ തന്നെ പ്രവൃത്തിക്ക് സമ്മർദ്ദം ഉണ്ടാക്കുക സംസാരിക്കുന്നതിന് സമ്മർദ്ദം ഉണ്ടാവുക മനുഷ്യർ നിരന്തരം നേരിടുന്ന പ്രശ്നം മനുഷ്യന്റെ സന്തോഷം നഷ്ടപ്പെടാം പിന്നെ ബൗദ്ധികമായ സമ്മർദ്ദം സന്തോഷം വന്നു ബൗദ്ധികമായ സംബന്ധം എന്ന് വെച്ചാൽ അവന് ശരിയെന്ന് തോന്നുന്നു അത് ചിന്തിക്കാൻ കഴിയാതിരിക്കില്ല സമ്മർദ്ദം കൊണ്ട് പറയുന്ന രണ്ടാമതല്ലേ വരുന്നു എനിക്ക് ശരിയാണ് സത്യമൊന്നും ഉത്തമ ബോധ്യമുള്ള കാര്യം അങ്ങനെ ചിന്തിക്കാൻ അനുവദിക്കാത്ത സാഹചര്യം അങ്ങനെ വരുമ്പോൾ മനുഷ്യർ സ്വയം വഴിയിൽ പോകുന്ന ഒരു സ്ഥലത്തേന്ന് പറയുന്നത് ഇന്റലക്ച്വൽ മാൽ പ്രാക്ടീസ് സമ്മർദ്ദത്തിന് ഒരുപാട് താങ്ങാൻ വരുമ്പോൾ ബൗദ്ധികമായ അഴിമതിയാണ് മനുഷ്യൻ സമ്മർദ്ദങ്ങൾ തനിക്ക് ബോധ്യമല്ലാത്ത കാര്യങ്ങൾ ശരിയാണെന്ന് തന്നെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ട് അതിനലക്ച്വൽ മാൻ പ്രാക്ടീസ് എന്ന് എനിക്കറിയാം ഈ ശരിയല്ല പക്ഷെ തന്നെ തന്നെ അത് ശരിയെന്ന് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നതിന് വേണ്ടി കാരണം തന്റെ ബൗദ്ധികമായ സ്വാതന്ത്ര്യത്തെ സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ ഭയക്കും തന്റെ നിലനിൽപ്പിന് ഇത് ഹാനികരമായി തീരു എന്നും ഭയക്കുമ്പോൾ അവിടെ ഒരുപാട് കോംപ്രമൈസ് ചെയ്യും മെട്ടുവീഴ്ച കഴിച്ച് ബൗദ്ധികമായ ദുരാചാര സംഭവം എന്ന മനുഷ്യൻ്റെ സന്തോഷത്തെപ്പെടുത്തിക്കിപ്പോ എന്റെ ബുദ്ധിക്ക് ശരി എന്ന് തോന്നുന്ന ഒരു കാര്യം ഞാനത് മനസ്സിലാക്കി ഞാൻ പറയുന്നതിൽ നിങ്ങൾ തടഞ്ഞു കഴിഞ്ഞ ഞാൻ പിന്നെ അങ്ങനെ ചിന്തിക്കാൻ ധൈര്യപ്പെടുത്തില്ല എനിക്ക് ശരിയെന്ന് തോന്നിയാൽ ഞാൻ ചിന്തിക്കാൻ പിന്നെ പറയുന്നത് ചിന്തിക്കാൻ തന്നെ ധൈര്യപ്പെടുത്തില്ല പക്ഷെ ഞാൻ അങ്ങനെയുള്ള ആളല്ല പൊതുവെ പറയുന്നത് ഭീഷണിച്ച് വഴി ഇന്റലക്ച്വൽ മാൽ പ്രാക്ടീസ് നടത്തുന്ന ഞാൻ നേതാക്കറിയുണ്ട് പക്ഷെ പൊതുവെ അങ്ങനെയാണ് മനുഷ്യൻ പെട്ടെന്ന് സ്വന്തം ബോധ്യങ്ങൾക്കനുസരിച്ച് ചിന്തിക്കുക എന്ന് പറയും സമ്മർദ്ദങ്ങളുണ്ടൊക്കെ സന്തോഷത്തോടെ അപ്പോ സന്തോഷം മനുഷ്യനെ നിലനിർത്തണം ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ബാക്കിയുമായും ആന്തരികമായും സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടെങ്കിലും മനുഷ്യന് ഇതിനെയൊക്കെ കണക്കിലെടുത്തുകൊണ്ട് മാത്രമേ അവന്റെ സന്തോഷത്തെ നിലനിർത്താൻ പറ്റൂ സന്തോഷത്തെ നിലനിർത്തണം അപ്പൊ അങ്ങനെ അങ്ങനെ ഒരു സന്തോഷത്തെ നിലനിർത്തണം അതിനുള്ള ഒരു മോറൽ കറേജറാണ് ധാർമികമായ ധൈര്യം ചങ്കുറ്റാണ് ധാർമ്മികമായ ധൈര്യം ഒരാൾ കൈ മുതലായിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സമ്മർദ്ദങ്ങളെയൊക്കെ പരിഗണിച്ചുകൊണ്ട് തന്നെ അതിനവഗണിച്ചിട്ടല്ല ക്ക് സന്തോഷത്തെ നിലനിർത്താൻ പറ്റി സന്തോഷം നിലനിർത്തുന്നെങ്കിലും അൺകണ്ടീഷണൽ ആയി സന്തോഷം നിലനിർത്തുന്ന മനുഷ്യന് സാധ്യമല്ല അങ്ങനെ ഒരാൾക്ക് അൺകണ്ടീഷണൽ ആയിട്ട് സന്തോഷത്തെ നിലനിർത്താൻ പറ്റി അങ്ങനെയാണ് അബ്സല്യൂട്ട് ബിസ് എന്നുള്ളത് നിരജിച്ച് ആനന്ദോ അങ്ങനെ നടക്കുമോ ഇല്ലേ ഉള്ളത് ഒന്ന് നിങ്ങളൊന്ന് അറിയിച്ചു പിന്നെ മറ്റൊന്നുള്ളത് ഈ അബ്സലോട്ട് ബ്ലിസ് സന്തോഷം പെർമനന്റ് ആയി പെർമനന്റ് എന്ന് വെച്ചാൽ അതിന് ഫ്ളക്ച്വേഷൻസ് ഒന്നും വരാൻ പാടില്ല ഏറ്റക്കുറച്ചുകൾ വരാൻ ചില സന്തോഷം കുറച്ച് പോവുക പിന്നെ സന്തോഷം കുറഞ്ഞു വരിക ഇത് വരാൻ പാടില്ല എന്നാൽ അതിനെ നമുക്ക് അബ്സല്യൂട്ട് മിസ്സും അങ്ങനെ സാധിക്കും ഒരാൾ സന്തോഷത്തിൽ ഏറ്റക്കുറച്ചിലില്ലായിരുന്നു സ്നേഹത്തിന്റെ അർത്ഥങ്ങൾ ഏറ്റക്കുറച്ചിലില്ലായിരിക്കുകയാണ് അങ്ങനെ ഒരാൾക്ക് ശരിക്കും പ്രായോഗികമായി സ്വന്തം ജീവിതത്തിൽ ഏറ്റക്കുറച്ചിലില്ലാത്തൊരു സന്തോഷത്തെ നിലനിർത്താൻ പറ്റും സത്യസന്ധമായി പറയും എനിക്കെന്തായാലും കഴിയത്തില്ല അങ്ങനെ ചിലപ്പോൾ കഴിയുമായിരുന്നു എനിക്ക് കഴിഞ്ഞില്ലെങ്കിലും നിങ്ങൾ മതമതപ്രഭാഷണത്തിൽ പറയും അത് കഴിയുമെന്ന് പറയും കേൾക്കുന്ന ആൾക്കാരെ കൊതിപ്പിക്കാൻ വേണ്ടി പറയും ഏറ്റക്കുറച്ചിലൊന്നുമില്ലാത്ത പെർമനന്റ് സന്തോഷമാണ് എന്റെ ഉള്ളിലുള്ള പറയും തട്ടിവിടും പിന്നെ മറ്റൊന്നെന്ന് പറയുന്നത് അബ്സല്യൂട്ടും ബ്ലീസ് വേണമെന്നുണ്ടെങ്കിൽ അത് മാക്സിമം ലൈവ് എന്നുവെച്ചാൽ സന്തോഷം എന്റെ പരമ കാഷിയിലായിരുന്നു പിന്നെ അതിൽ കൂടുതൽ സന്തോഷത്തിന് വളരാൻ പറ്റും അപ്പുറം പോകാൻ പറ്റും അങ്ങനെ ഒരു പാരമ്പര്യയിൽ ചെന്ന് സന്തോഷം മുട്ടി നിൽക്കുന്നു നടക്കുമോ അതിനെ സ്ത്രീ ആനന്ദി ആർക്കെങ്ങും കഴിയും അതിന്റെ പാരമ്പര്യതയിലായിരിക്കും മറികടക്കാൻ കഴിയാത്ത അതിനപ്പുറം പോകാൻ ഒരു സന്തോഷം അങ്ങനെ ഉണ്ടാവും ഉണ്ടെങ്കിൽ പറയാം നിരുദ്ദിശയാണ് പിന്നെ സന്തോഷം എക്സ്ക്ലൂസീവ് ിലും ഒന്നിനെ അബ്സലൂട്ട് എന്ന് വിളിക്കുന്നു പൂർണ്ണം എന്ന് വിളിക്കുന്നു അത് പൂർണ്ണം പൂർണ്ണത്തെ പറയുന്നത് പൂർണ്ണാനന്ദം അങ്ങനെ ഒരാളെന്താ സാധിക്കുമോ എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ ഇടയ്ക്ക് ചെറിയൊരു ദുഃഖം ഒരു നിരാശ ഒരു ഭയം വരാൻ പാടില്ല ഒരാശങ്ക ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അബ്സല്യൂട്ട് പിടിച്ചു പൂർണ്ണ ആനന്ദൂർണമില്ലാതെ പാടുന്നവരാളല്ല ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ആനന്ദത്തെ സംബന്ധിച്ച് ഇവിടെ പൂർണമായ ആനന്ദത്തെ കുറിച്ചാണ് പറഞ്ഞത് ഏതൊക്കെയാണ് ഒന്നാമത്തത് രണ്ടാമത്തത് ഇപ്പൊ പറഞ്ഞത് പെർമനന്റ് മൂന്നാമത്തത് മാക്സിമം നാലാമത്തത് എക്സ്ക്ലൂസീവ് അബ്സലോട്ടൊന്നിവിടെ കേട്ടാലും ഈ ഇത്രയും കാര്യങ്ങൾ ഓർക്കുക ഇത്തരം ഉണ്ടായി കഴിഞ്ഞാൽ മാത്രമേ ഈ പറയുന്ന ഇവിടെ എന്താ പറഞ്ഞത് സന്തോഷം അമൃതപൂർണ്ണനാകർ നടക്കില്ല അതാണ് ഞാൻ പറഞ്ഞ ഇതൊരു കവ്യാത്മമായ അതിശയുക്തികളാണ് ഇതൊക്കെ വായിച്ച് ആൾക്കാരെ ചെത്തക്കൊമ്പല കാഴ്ച കേട്ടിരുന്നു സ്വാമിമാർ നടക്കുന്ന കാര്യങ്ങളെല്ലാം കാവ്യങ്ങളിലത് ഉപയോഗിക്കാം കവിയുടെ സ്വാതന്ത്ര്യമാണ് ജീവിതത്തിൽ അത് കണ്ടെത്താൻ ശ്രമിക്കണം വടഡിത്തമായി കാരണം ഈ സന്തോഷമെന്ന് പറയുന്നൊരു മാനസികമായ അനുഭവമാണ് ഒരനുഭവം ഇത്തരത്തിൽ അബ്സൊല്യൂട്ടായി കഴിഞ്ഞാൽ പിന്നെ അത് അനുഭവമേ അല്ലാതായിക്കും അതിന് പിന്നെ അതൊക്കെ അനുഭവം നോക്കാൻ പറ്റില്ല അനുഭവം എന്ന് പറയുമ്പോൾ ഒന്നതിൽ ഡിഫറൻസ് ഉണ്ടായി വ്യത്യാസങ്ങളുണ്ടായി എന്നാലും നമുക്ക് അനുഭവം തോന്നിക്കാം രണ്ടാമത് അതില് ലോ മീഡിയം മാക്സിമം ഇങ്ങനെയുള്ള വേരിയേഷൻസ് മൂന്നാമതെ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും ഇതൊക്കെ അനുഭവം വേണ്ട ഒരു സ്വഭാവമാണ് ഇതൊന്നും സംഭവിക്കുന്നില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞനുസരിച്ചാണെങ്കിൽ അബ്സല്യൂട്ട് എന്ന് പറയുമ്പോൾ ഇതൊന്നും സംഭവിക്കട്ടെ അതിനെങ്ങനെ അനുഭവം തോന്നിയാ അപ്പൊ എങ്ങനെയാണ് ഈ സന്തോഷാംപൂർണ്ണമായ ഒരു അനുഭവം ഉണ്ടാകുന്ന മനുഷ്യൻ നടക്കുന്ന കാര്യം ഈ സാമാന്യമായി ചിന്തിച്ചാൽ തന്നെ മനസ്സിലാക്കും ഇവിടെ നിന്നും അക്ഷരാർത്ഥത്തിൽ എടുക്കരുത് എന്നാണ് പറയുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ വണ്ടി ഓടിച്ചു പോകുന്നു ഒരു ജംഗ്ഷനിൽ ചുവന്ന ലൈറ്റുകൾ ചുവന്ന ലൈറ്റ് കണ്ട നമ്മളിവിടെ നിർത്തേണ്ടതാണ് എല്ലാ വണ്ടികളും കടന്നു പോകും ഞാൻ നോക്കി എന്താ ചുവന്ന ലൈറ്റുകളും വണ്ടികളെല്ലാം കടന്നു പോകാൻ ഞാൻ സംശയിച്ചു ഇനി ഫ്ലൈന് വരുമോ നോക്കിയപ്പോ എന്താണോ ഒരു പോലീസുകാരെ അവിടെ കൈ കാണിക്കുന്നു കൊക്കോളാൻ എനിക്കൊന്നും മനസ്സിലായില്ല ഞാനും കടന്നുപോയി പിന്നെ വൈകുന്നേരം ഞാൻ തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോഴും അതേ ചുവന്ന ലൈറ്റ് അതേ കത്തി കിടന്നു അപ്പോ പോലീസുകാരെ വീണ്ടും മനസ്സിലാക്കുന്നതി അപ്പോഴാണ് ഞാൻ പഴയ കാലത്ത് വായിച്ചൊരു കാര്യം തോന്നുന്നു പെർമനന്റ് സിറ്റിനൽ നോ സിറ്റിനൽ ചോപ്പെന്ന് പറയുന്നൊരു സിഗ്നലാണ് പക്ഷെ അത് പെർമനന്റ് ആയിക്കഴിഞ്ഞാൽ പിന്നെ അത് സിഗ്നലെ അനുഭവം സ്ഥിരമായി കഴിഞ്ഞാൽ പിന്നെ എന്തെല്ലാം അനുഭവം അല്ല നിങ്ങളതിൻ്റെ എക്സ്പീരിയൻസെന്നോ എത്ര മനോഹരമായ വാക്കുകൾ ഉപയോഗിച്ചനുസരിച്ചു അത് അനുഭവം അനുഭവിച്ചാൽ അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല യാതൊരു സാധ്യതയും ഇതൊക്കെ ശരിയാണെന്ന് ആരങ്ങനെ പറയുകയാണെങ്കിൽ ഇത് വാസ്തവത്തിനത് ശരിക്കും ഇങ്ങനെയാണത് കൊണ്ട് എഴുതി വച്ചതെന്ന് ആരകൻ പറഞ്ഞു ഞാൻ പറയുന്നത് എന്താണ് ഇതൊരു കാവ്യാത്മകമായ അതിശയം ങ്ങനെയല്ല ഇതിൻ്റെ ശരിയായ അർത്ഥത്തെ തന്നെ എടുക്കണമെന്ന് ആരെങ്കിലും വാശി വിളിക്കുന്നത് അതിൻ്റെ അടുത്ത് എന്താണോ അവർക്ക് ഹ്യൂമൻ ബയോളജിയെ കുറിച്ച് അറിയില്ല കാരണം അങ്ങനെ ഒരു ആനന്ദത്തെ നമ്മുടെ ബ്രെയിൻ വയ്ക്കട്ടെ അനുവദിക്കട്ടെ നമുക്ക് ആനന്ദം ഉണ്ടാവും ചിലപ്പോൾ അത് വലിയ വലിയ ഒരാനന്ദം ഉണ്ടാവും പലരിവിടെ വന്ന സമയം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞ സമയം എന്തോരാനന്ദമായിരുന്നു ആനന്ദം വന്ന ആ സ്പിരിറ്റിലുള്ള ആനന്ദം ും അതുപോലെ നിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ചിലർ സ്വയംചാരിക്ക് മോശമാകരുതല്ല അതുകൊണ്ടതേ എന്ന് പറയും ഞാനത് അംഗീകരിക്കത്തില്ല ഒരിടത്തും അംഗീകരിക്കും ഒരു ആനന്ദാനുഭവത്തിനും അത് അംഗീകരിക്കേണ്ട കാര്യമില്ല എന്തുകൊണ്ട് അത് അതിനാണ് ഹിഡോണിക് അഡാപ്റ്റേഷൻ ഞാൻ കഴിഞ്ഞ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞത് നമ്മളിപ്പോൾ സ്ഥിരം നിരന്തരം മൊബൈൽ ഉപയോഗിക്കുന്ന ആളാണ് ഞാനിപ്പോൾ എത്ര വർഷമായി മൊബൈൽ ഉപയോഗിക്കുന്നു ഇപ്പോഴും ഈ സമയത്തും എന്തിനിരിക്കുന്ന മൊബൈലും പഴക്കമുള്ളതല്ല ഒരു പുതിയ മൊബൈൽ വിട്ടുകഴിഞ്ഞാൽ ഞാനറിയാതെ സന്തോഷങ്ങൾ ഞാൻ ക്ഷണിച്ചു വരുത്തുന്നതല്ല അത് ഉറക്കം പോലെയാണ് ക്ഷണിച്ചാൽ വരത്ത് വന്നാ വന്നതേ പുറകേർക്ക് ക്ഷണിച്ചു വരുത്താൻ പറ്റും സന്തോഷം ഒന്നുപോലെയാണ് നമ്മളൊരു പുതിയ മൊബൈലിൽ വന്ന് അതിനെ അൺപാക്ക് ചെയ്ത് അതൊക്കെ ഒന്ന് കാണുമ്പോൾ ആർക്കാ സന്തോഷം ഇല്ലാത്ത അങ്ങനെ ഒരാൾ പറയണെനിക്ക് സന്തോഷം ഉണ്ടാകില്ല എന്ന് പറഞ്ഞു അയാളെ ഞാൻ മര മൂന്താന്ന് പറഞ്ഞു എന്ന് വെച്ചാൽ അയാളുടെ മുഖത്തൊരിക്കലും സന്തോഷമാണ് ഈ സമയത്ത് സന്തോഷം പിന്നെ എപ്പോഴാണ് സന്തോഷം സന്തോഷം ഉണ്ടാവുക മുഖത്ത് പ്രതിഫലിക്കുകയും ചെയ്യും പക്ഷേ നമ്മുടെ ബ്രെയിൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിനെ ന്യൂ നോർമൽ എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുപോകുമ്പോൾ സന്തോഷത്തെ അവിടെ നിലനിർത്താൻ അനുവദിക്കരുത് അതാണ് അതിൻ്റെ പ്രവർത്തനം എന്തുകൊണ്ടാണ് സന്തോഷത്തെ അവിടെ നിലനിർത്താൻ അനുവദിക്കാത്തത് ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു കുറവ് അനുഭവപ്പെടുന്നു കുറവനുഭവപ്പെടുന്നു പ്രത്യക്ഷമായി നമുക്ക് അനുഭവപ്പെടണമെന്നില്ല നമ്മുടെ ഉള്ളിലുണ്ട് പല കുറവും നമ്മളതിന് പരിഗണിക്കാതിരിക്കുക കുറവുകളുള്ളവർത്താണ് ആഗ്രഹം വരും ആഗ്രഹം പ്രതീക്ഷിക്കും അപ്പൊ ആഗ്രഹങ്ങൾ നമ്മൾ നേടുന്നു നമ്മുടെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് ആഗ്രഹം സഫലമായി നമുക്ക് സന്തോഷം പ്രതീക്ഷയ്ക്ക് വിപരീതമായാണ് ഫലമെങ്കിൽ നമുക്ക് വികാരം നേരെയായിരിക്കും ചെറുപ്പം നിരാശയായിരിക്കും അല്ലെങ്കിൽ ദേഷ്യമായിരിക്കും അല്ലെങ്കിൽ സങ്കടമായിരിക്കും ഫലം നമ്മുടെ പ്രതീക്ഷയ്ക്ക് അനുകൂലമായ ഫലമാണെങ്കിൽ സന്തോഷം വരും നമ്മുടെ ഉള്ളിലുള്ള പോരായ്മ കുറവ് നമ്മൾ തിരിച്ചറിഞ്ഞാലേ നമ്മുടെ ഉള്ളിൽ ആഗ്രഹമുണ്ടോ അതിനർത്ഥം നമ്മുടെ ഉള്ളിൽ എന്തോ ഒരു പോരായ്മ ഉണ്ടെന്ന് ചിലപ്പം നമ്മൾ തിരിച്ചറിയില്ല അറിയില്ല അതായത് ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു വിസന്മാക്കരിക്കും വിസക്കാതിന് മനുഷ്യ ഭക്ഷണത്തിന് കുറിച്ചുള്ള ചിന്ത വരണമെന്ന് കഴിച്ചാൽ കൊള്ളാമോ ശരിക്കും വിസക്കണമെന്ന് തോന്നുന്നു അപ്പോൾ ഭക്ഷണ കൂടിയിൽ ഇല്ലാതിരിക്കാമെന്ന് വരുന്ന ഒരു പോരായ്മയാണ് അല്ലെങ്കിൽ ഭക്ഷണത്തെ ആസ്വദിക്കാതിരിക്കാമെന്ന് ഒരു പോരായ്മയാണ് അവിടെ നിന്നൊരു ആഗ്രഹമുണ്ടോ നമ്മളെന്തെങ്കിലും പ്രവർത്തിക്കും ഫലാനുകൂലമായ സന്തോഷിക്കും അനുകൂലമായ സന്തോഷിക്കും ഇതാണ് ഇതെല്ലാം നമ്മുടെ പുറ സങ്കടിപ്പിക്കുന്ന കാര്യങ്ങൾ അപ്പോൾ ഇതാണ് നമ്മുടെ മോട്ടിവേഷൻ പ്രവർത്തിക്കുന്നതിന് ആഗ്രഹമാണ് ആഗ്രഹമില്ല മനുഷ്യങ്ങൾ പ്രവർത്തിക്കും ആഗ്രഹമുണ്ടെങ്കിലേ പ്രവർത്തിക്കാൻ പറ്റും പിന്നെ നിങ്ങളെല്ലാ പ്രവർത്തനവും ഉപേക്ഷിച്ച് സന്യാസ് അങ്ങനെയുള്ള പറയുന്നു സ്വാമിമാരും സന്യാസ് എല്ലാ പ്രവൃത്തിയോടും പക്ഷെ ഒരു പ്രവൃത്തി ഉപേക്ഷിക്കാൻ വയ്യ എന്നാണ് വിച്ഛാട അന്നം തേടിപ്പോകുന്നു വീടുകളും എന്റെ ആഗ്രഹമില്ലാത്തതുകൊണ്ടാണ് ഗ്രഹി അനങ്ങാൻ പറ്റും അപ്പോ ആഗ്രഹമാണ് അവന്റെ വിക്ഷാടനം എന്ന് പറയുന്ന പ്രവൃത്തിയുടെ മോട്ടിവേഷനുകാർക്ക് അപ്പോ ഇതെന്തിനു വേണ്ടിയിട്ടാണോ ഇതിങ്ങനെ സംഭവിക്കുന്നത് നമ്മുടെ ഉള്ളിൽ കുറവ് ആഗ്രഹം പ്രവർത്തിക്കുള്ള മോട്ടിവേഷൻ ഫലം വികാരം എന്തിനും സംഭവിക്കുന്നു അതിജീവനത്തിൽ അതിജീവിക്കണം അതാണ് ശങ്കരാചാര്യൻ പറഞ്ഞ എന്താണ് സന്യാസി ആയിക്കഴിഞ്ഞാൽ ഒരു ഒരു പ്രവൃത്തി മാത്രം മുടക്കിക്കളെ എന്താണ് ഭിക്ഷാടനം അന്ന് പ്രാരബ്ധന്നും എന്തൊക്കെ വേറെ ഒരു പ്രവൃത്തി കർശനമായി പറയുന്നില്ല ഭക്ഷാടനം കൂടിയത് സങ്കരായ പറയുന്നത് പലയിടത്തും പരസ്പര വിരുദ്ധമായ സംസ്ഥാന ഞങ്ങൾ അദ്വൈതങ്ങള് അദ്വൈതം പഠിപ്പിക്കുമ്പോൾ അതൊന്നും എടുത്തു പറയത്തില്ല പറഞ്ഞു കഴിഞ്ഞാൽ അദ്വൈതത്തിന്റെ മാർക്കറ്റുകളും അതുകൊണ്ടാണ് ഞങ്ങളുടെയൊക്കെ ജീവനോപാധി കൂടിയാണ് എന്ത് അദ്വൈതം പഠിപ്പിക്കാൻ നമ്മൾ തന്നെ എന്താ മാർക്കറ്റിച്ച് കഴിഞ്ഞാൽ ഇരിക്കുന്ന കുമ്പം മുറുകി പോലെയായിരുന്നു ഞങ്ങൾ സാധാരണ പറയാറില്ലെങ്കിലും നിങ്ങളോട് തൽക്കാലം പറയാം നിങ്ങൾ ഉപജീവനം മുട്ടുകയില്ല എന്നുള്ള ഒരു വിശ്വാസത്തിന്റെ പേരിൽ ഞാൻ പലപ്പോഴും നോട്ട് ചെയ്തിട്ടുള്ളതാണ് ശങ്കരാചാര്യ പറയുന്നത് തൈത്തര്യത്തിന്റെ ഭാഷ രസോവൈസ അതിന്റെ ഭാഷയിൽ പറയും ബ്രഹ്മജ്ഞാനികൾ ബ്രഹ്മജ്ഞാനി എന്ന് വെച്ചാൽ മുക്തന്മാരാണ് ജ്ഞാനം മുക്തി തമ്മിൽ സമയവ്യത്യാസമുണ്ടെന്നാണ് കാലവ്യത്യാസം ജ്ഞാനം എന്ന് മുക്തി ജ്ഞാനം ഒരു പിന്നെ മുക്തിക്ക് വേണ്ടി കാത്തിരിക്കുക അങ്ങനെ ഒരു ഏർപ്പാടില്ല അപ്പൊ ഈ ജ്ഞാനികൾ ആനന്ദത്തെ അനുഭവിക്കുന്ന ഒന്നാണ് ഈ പറയുന്ന അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഒന്നിനെ ആശ്രയിക്കാതെയുള്ള ആനന്ദം അനുഭവിക്കുന്ന ഒന്നാണ് സംഗ്രഹ എന്ന് പറയും നിരന്തരമായാണ് നിരധിശ ആനന്ദമെന്നുള്ള വാക്കുപയോഗിക്കുന്നില്ല പക്ഷേ ഒന്നിനെ ആശ്രയിക്കാതെയുള്ള ആനന്ദം അനുഭവിക്കുന്നു എവിടുന്നായി ആനന്ദം അന്ന് പറയുന്നത് രസോയി അവൻ ആനന്ദസ്വരൂപനാണ് ആര് ബ്രഹ്മം ആ ബ്രഹ്മ ആനന്ദത്തെ അനുഭവിക്കുന്നു പറയുന്നു ചന്ദ്രാരി എന്ന് പറയുന്ന ആനന്ദം അനുഭവിക്കുമ്പോൾ ആനന്ദ അനുഭവത്തിലാണെങ്കിൽ പിന്നെ അയാള് ഒന്നിനെ ആശ്രയിക്കാതെയുള്ള ആനന്ദം എന്ന് എടുത്തു പറയുന്നു ബ്രഹ്മാനന്ദം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ബ്രഹ്മാനന്ദം അങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കണമത് അൺകണ്ടീഷണൽ ആണ് അബ്സൊട്ട് ബ്ലേസ് ആണ് ബ്രഹ്മതാണല്ലോ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആനന്ദത്തിൽ ഇരിക്കുന്ന ഒരാളെന്തൊരു ഭിക്ഷ എടുക്കണം പ്രവൃത്തിയാണ് അതിന് മോട്ടിവേഷൻ എന്താണ് ഭിക്ഷയ്ക്കുള്ള ആഗ്രഹം എങ്ങനെയുണ്ടാവും പരസ്പര വിരുദ്ധമാണ് ഒന്നും എന്താ പറയുക നിരാശ്രയമായ ആനന്ദത്തെ ഞാനിങ്ങനെ അനുഭവിക്കുന്നു താൻ അനുഭവിക്കുന്നു പറഞ്ഞിട്ടില്ല കേട്ടോ അങ്ങനെ സ്വന്തം ധൈര്യത്തിൽ ഇല്ലാത്ത കാര്യമൊന്നും ഒരിടത്തും പറഞ്ഞിട്ടില്ല ഞാൻ നിരദേശീയമായ ആനന്ദത്തെ അനുഭവിക്കുന്നു നിരാശ്രയമായ ആനന്ദത്തെ ആശ്രയിക്കുന്നു പറഞ്ഞിട്ടില്ല പക്ഷേ എന്ത് പറയുന്നുണ്ട് ഞാനി ആയിക്കഴിഞ്ഞാൽ ഇവിടെ എല്ലാം പരസ്പര വിരുദ്ധമാണ് സംഗ്രഹായരൊക്കെ ബയോളജി അറിയില്ല എന്ന് പറഞ്ഞാൽ നമുക്കത് ക്ഷമിക്കാനുള്ളത് അന്ന് ബയോളജി ഇല്ല ആ കാര്യത്തെക്കുറിച്ചുള്ള പറയുന്നു സംഗ്രഹർ എഴുതി വെച്ചിരിക്കുന്ന വൈരുദ്ധ്യങ്ങളെക്കുറിച്ച് ഒന്ന് പറയുന്നു ഒന്നിനെ ആശ്രയിക്കുക അതെയുള്ള ആനന്ദം അനുഭവിക്കും നേരത്തെ പറയുന്നു സന്യാസി ഭിക്ഷയുടെ രണ്ടും കൂടെ യോജിക്കും പിന്നെ മുക്തനാണെന്ന് പറയും ദൃതാന്യത്തിൽ തന്നെ പറയുന്നു മുക്തിയിൽ ആനന്ദ അഭിവ്യക്തി ഇല്ല അപ്പൊ ഞാനി എന്താ മുക്തനല്ല അവിടെ പറയുന്നു ആനന്ദത്തെ അനുഭവിക്കുന്നു വേറെടുത്ത് പറയുന്നത് എന്താണ് മുക്തി ആനന്ദത്തിൻ്റെ പ്രകടഭാവമില്ല എന്തുകൊണ്ടത് സംഭവിക്കുന്നു പ്രത്യക്ഷമായും പരസ്പരവിരുദ്ധമായ കാര്യമാണ് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നു കൈത്തര്യത്തിനും ഭാഷയ്ക്ക് വേണ്ടി കുറെ കാലം കഴിഞ്ഞിട്ടാണ് ബൃഹധാരിണ്യത്തിന് ഭാഷ എഴുതി അപ്പൊ ആദ്യം എഴുതി മറന്നുപോയി ഇത്ര വേറെ സുമാനമെന്നും പറയാൻ അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിൽ ബുദ്ധിമാന്മാരാരെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് വായിച്ചു നോക്കിയിട്ട് ഇങ്ങനെയൊന്നും ഇല്ല എന്നൊന്ന് അന്ന് ഞാൻ ഈ പണി നിർത്തിയിട്ട് നിങ്ങളുടെ കൂടെ ഇരുത്തായി ഈ പണിക്ക് അല്ലെങ്കിൽ പിന്നെ ഞാൻ ഈ പണി ചെയ്യേണ്ടതായിരുന്നു പക്ഷേ എനിക്ക് ചെലവിന് തന്നെ കാരണം എന്റെ പണി സക്സസ് അല്ല അതുകൊണ്ട് ഞാൻ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല എന്തുകൊണ്ട് എഴുതി വെച്ചിരിക്കുന്നു എല്ലാം കൂടെ യോജിച്ച് കൂട്ടി യോജിപ്പിക്കാൻ പറ്റത്തില്ല വിക്ഷ എടുക്കണമെങ്കിൽ അതൊരു പ്രവൃത്തിയാണ് പ്രവൃത്തിക്ക് ഒരു മോട്ടിവേഷൻ ഉണ്ടാകും അവിടെ ദുരാഗ്രഹം വേണം ആഗ്രഹം അവിടെ ഒരു എന്താണ് ഒരു പോരായ്മസങ്ങൾ അനുഭവിക്കുന്നത് എന്തിന്റെ പോരായ്മ ഭക്ഷണത്തിൻ്റെ ഭക്ഷണം എല്ലാ വേണം അപ്പോൾ ഇതെല്ലാം എന്താണോ അംഗീകരിച്ചേ പറ്റും അപ്പം ഇത് പരസ്പരം ജോലിക്കുന്നതിന് അപ്പോൾ ഇങ്ങനെ വിരുദ്ധമായ കാര്യങ്ങൾ പറയുന്നതിൻ്റെ ഒരു ഭാഗമാണ് ഈ പറയുന്ന നിരാശ്രമായ നിരാശ്രയമായ ആനന്ദം എന്ന് പറയുന്നത് അറിഞ്ഞ് സാധിക്കുന്നതായിരിക്കും സന്തോഷത്തെക്കുറിച്ച് പറയുമ്പോൾ ഇതൊക്കെ നമ്മളൊന്ന് ചർച്ച ചെയ്യണോ മനുഷ്യന്റെ ജീവിതത്തിൽ ആനന്ദം ഉണ്ടാകുന്നില്ല എന്നുള്ള ജീവിതത്തിൽ ആനന്ദം ഉണ്ടാവും അതിനേറ്റക്കുറച്ചിലുണ്ടാവും െന്തു ചെയ്യും ഏതാനന്ദം എത്ര തീവ്രതയിൽ പോയാലും നമുക്കറിയാം നമ്മൾ എത്ര വലിയ സന്തോഷം അനുഭവിച്ചാലും ശരി കുറച്ച് കഴിയുമ്പോൾ ന്യൂ നോർമൽ ബ്രെയിൻ തന്നെ നോർമലായിക്കൊണ്ട് അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ മാത്രമേ അവൻ വീണ്ടും പ്രവർത്തിക്കുന്നതിനുള്ള മോട്ടിവേഷൻ ഉണ്ടാവൂ എന്നാൽ മാത്രമേ അവൻ വീണ്ടും ആഗ്രഹങ്ങളുണ്ടാവൂ എന്നാൽ മാത്രമേ ഈ സിസ്റ്റത്തിന് അതിജീവന സാധ്യത ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പെർമനന്റ് സിറ്റിനൽ ലോ സിറ്റിനെ ഇത് ചത്തുവോ നിലനിൽക്കത്ത് ഇത്രയും കോടാന കോടി വർഷങ്ങൾ ഈ സിസ്റ്റം അതിജീവിച്ചത് ഇത്തരം ചില ബ്രെയിൻ റെഗുലാരിറ്റീസുണ്ടോ എന്തെങ്കിലും അതിജീവിക്കുന്നു അങ്ങനെയാണ് നമ്മൾ ഇതുവരെ എത്തിച്ചേർന്നത് ഇപ്പൊ മനുഷ്യന്റെ ഇതിനെ സംബന്ധിച്ച് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ആരെങ്കിലും ചോദ്യം ചെയ്യുക അല്ലെങ്കിൽ ഞാൻ വെറുതെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരെങ്കിലും ചോദ്യം ചെയ്യാൻ വരും എന്നാൽ മാത്രമേ എനിക്കൊരു ഉഷാറ വരൂ വെറുതെ എന്തെങ്കിലും ചോദിച്ചപ്പോ ഇതിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ട് ചോദിക്കൂ എനിക്കൊരു വിഷ എന്നാൽ ഇതിനെക്കുറിച്ച് പറയാൻ ഒരുപാട് കാര്യങ്ങൾ ഇനിയുണ്ട് അത് സാധിക്കുന്ന കാര്യമല്ല ഒരു ആനന്ദം അതിന്റെ മാക്സിമത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അത് പതുക്കെ താഴ്ന്ന നോർമലിലേക്ക് വരും വന്നേ പറ്റൂ പിന്നെ മനുഷ്യന് പൊതുവെ പറയാൻ പറ്റും ആ ജീവിതം എങ്ങനെയുണ്ടെന്ന് ആൾക്കാർ പറയുന്നത് സന്തോഷമാണ് എന്ന് പറയുന്നത് ഈ ആനന്ദത്തിന്റെ ഫ്ലക്ച്വേഷൻ അല്ല ജീവിതത്തിൽ പൊതുവെ സമാധാനമുണ്ട് സന്തോഷം ആശ്രമ ജീവിതം എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാ തോന്നുന്ന മിക്കവാറും പറയും സന്തോഷമാണ് കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ പോകുന്നു ചിലപ്പോൾ ഉത്തരവാദിത്വമൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും പല കാരണങ്ങളും ഉണ്ടാകാം ചിലപ്പോ പ്രാഥമികമായ ആവശ്യങ്ങളെല്ലാം നിറവേറ്റുന്നുണ്ടായി ചിലപ്പോൾ ഒരു സുരക്ഷിതത്വം തോന്നുന്നുണ്ടായിരിക്കും പല കാരണങ്ങളും കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു സന്തോഷമെന്ന് പറയുന്ന അത് എന്താണെന്ന് അത് ബോട്ടം ലൈൻ സന്തോഷം അതും മനുഷ്യനുണ്ടാകാം അതുണ്ടായിരിക്കേണ്ടതുമാണ് അത് നിരധിശയാനന്ദമല്ല നമുക്ക് സന്തോഷം നിലനിർത്തുക എന്ന് പറഞ്ഞാൽ ഇതാണ് നിലനിർത്തേണ്ടത് ജീവിതത്തിൽ ഒരു സന്തോഷം നിലനിർത്തുക എന്ന് പറയുന്നത് അത് പ്രശ്നങ്ങളെയൊക്കെ നേരിട്ടുകൊണ്ടുവന്ന് സമ്മർദ്ദങ്ങളെയൊക്കെ അതിജീവിച്ചുകൊണ്ടുവന്ന് അങ്ങനെയൊരു സന്തോഷം കാരണം പ്രശ്നങ്ങളില്ലാതെ ഉണ്ടാകത്തില്ല സമ്മർദ്ദങ്ങൾ ഉണ്ടാകാതിരിക്കത്തില്ല അത് ഏതെങ്കിലും ഒരു കൃത്രിമമായ സന്തോഷമായിരിക്കും കൃത്രിമമായി ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്ന സന്തോഷമായിരിക്കും അത് മനസ്സിൻ്റെ ഒരു അടിസ്ഥാന ശേഷിയായി അങ്ങനെ ഒരു സന്തോഷത്തിൽ ജീവിക്കാൻ ഒരു എബിലിറ്റി ഒരു ശേഷിയായിരിക്കും അപ്പോൾ പലതരത്തിലുള്ള വൈഷമ്യങ്ങൾ ഉണ്ടാകും വൈഷമ്യങ്ങൾ അനുഭവിക്കേണ്ടി വരും രോഗം വരും അതിന്റെ കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടി ശരീരത്തിൻ്റെ അവസ്ഥകൾ പല പ്രതികൂലതകളെയും ഉണ്ടാകും അതൊക്കെ അനുഭവിക്കേണ്ടി വരും ഇതൊക്കെ ഉള്ളപ്പോഴും ജീവിതത്തിലൊരു സന്തോഷത്വം നിലനിർത്തുകയാണെന്ന് വെച്ചാൽ അത്തരം പ്രതികൂലതകൾക്ക് മനസ്സ് ശരീരം എല്ലാം വിധേയമാകുമ്പോൾ അത്തരം അനുഭവങ്ങളിൽ നിന്നും കരകയറുക എന്ന അതാണ് അതിനും അതിജീവനം എന്നുള്ളത് അനുഭവിക്കാതിരിക്കുകയല്ല അനുഭവിക്കുമ്പോ വേറെ വഴിയൊന്നും ഇല്ല അനുഭവിച്ചത് പക്ഷെ ന്യൂ നോർമർ സുഖത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നും ഒരുപോലെ സമജിത്വത എന്നൊക്കെ പറയുന്നുണ്ട് ഇതാണ് ഉദ്ദേശമെന്ന് ശരിയാണ് അല്ലാതെ സമചിത്വത എന്ന് പറഞ്ഞാൽ മനസ്സിന് ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്ത് വിലപ്പെടുത്തി വയ്ക്കുക എന്നുള്ളതാണെങ്കിൽ നടക്കുന്ന ആയിരിക്കും അതൊക്കെ ഒരു ക്ലെയിമാണ് സമചിത്തതെ മനസ്സിന് ഒരു മാറ്റം വരുമ്പോൾ ഇല്ല ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത് മനസ്സിൽ തന്നെയാണ് മാറ്റങ്ങളാണ് മനസ്സിൽ സംഭവിക്കുന്നത് സുഖത്തിനും ദുഃഖത്തിനും വിധേയമാകുന്ന മനസ്സ് തന്നെയാണ് അപ്പോ പ്രതികൂലതകൾക്ക് വിധേയമാവുമ്പോ അതിനൊന്നും മനസ്സ് തിരിച്ചു കയറട്ടെ അതാണ് സംഭവിച്ചത് അനുകൂലത നമ്മൾ ഇഷ്ടപ്പെടുന്നതാണ് നഷ്ടപ്പെടാതെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന അതവിടെ ഇരുന്നോട്ടെ അതിനോട് നമുക്ക് സഹവൃത്തിത്വമാണ് എപ്പോഴും ഉണ്ടായിരുന്നത് സന്തോഷം അത് കളയാൻ ആരോ ഇഷ്ടപ്പെടുന്നു പറഞ്ഞാൽ നിർവീകാരതയല്ല ഇമോഷണൽ ഷട്ട്ഡൌൺ ഒന്ന് അതല്ല അങ്ങനെയൊക്കെയാണ് വരുന്നില്ല വേക്കൻസി വെച്ചിരിക്കുന്നു അതല്ല നമുക്ക് വേണ്ടതെന്താണ് സന്തോഷത്തെ നഷ്ടപ്പെടുത്തുക എന്നുള്ളതല്ല ദുഃഖത്തെ ഒഴിവാക്കുക എന്നുള്ളതുമല്ല ഇനി സന്തോഷത്തെ നിലനിർത്തുകയാണോ അതുമല്ല പിന്നെ എന്താണ് രണ്ടും നമ്മുടെ ജീവിതത്തിൽ മാറി മാറി വരുമ്പോൾ പ്രതികൂലതകളിൽ നിന്ന് കര കയറുകാരാണ് ന്യൂ നോർമൽ എന്ന് പറയുന്നത് പുതിയ മൊബൈല് കെട്ടുന്നതിന് പോലെ സന്തോഷം ഉണ്ടായിരുന്നു പുതിയ മൊബൈല് കൈകെട്ടിയപ്പോൾ സന്തോഷം ഓടിക്കും അപ്പൊ നമുക്ക് കഴിയുന്ന എന്താണ് ആ പഴയ സന്തോഷത്തിലേക്ക് തിരിച്ചു പോവുക അത് മതി മൊബൈൽ കിട്ടുന്നതിന് നല്ലൊരു സന്തോഷമുണ്ടായിരുന്നു പുതിയത് കിട്ടുന്നതിനും ഉള്ളത് ഉപയോഗിക്കുമ്പോൾ ഒരു സന്തോഷമുണ്ടായിരുന്നു അത് പക്ഷെ അത് നിലനിർത്തണമെന്ന് ആഗ്രഹിച്ചാൽ പറ്റില്ല എന്നു ദുഃഖവും വരും ദുഃഖം വന്നു കഴിഞ്ഞാൽ അതിൽ അതും എന്താണ് ബ്രെയിനിന്റെ പരിപാടികൾ പറയുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം അഡാപ്റ്റേഷൻ അല്ലെങ്കിൽ ഹിഡോണിക് ട്രെഡ്മിൽ എന്നൊക്കെ പറയും നിങ്ങൾ ആ വാക്കുകൾ വെച്ച് പഠിച്ചു ഞാനിങ്ങനെ നേരെ നമ്മുടെ ബ്രെയിൻ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് ഈ വാക്കെല്ലാം അരിസ്റ്റോട്ടലിന്റെ ഫിലോസഫിയിൽ നിന്ന് വന്നാണെങ്കിലും ഇന്നും അതൊക്കെ ഉപയോഗിക്കുന്നതാണ് ഹിഡിയോമോണിക് ഹിഡോണിക് അതല്ലാതെ നിരദേശ ആനന്ദത്തെ സ്വപ്നം കണ്ടുകൊണ്ട് ജീവിച്ചിട്ട് ആശ്രമത്തിൽ ഒന്നിട്ട് ഒരുപാട് കാലമായിട്ട് ഇതുവരെ നിരദേശ ആനന്ദം വന്നില്ലല്ലോ എന്ന് പറഞ്ഞ് വിലപിക്കുന്ന കുറച്ചു പേര് ചിലർ അത് വന്നില്ലെങ്കിലും വന്നെന്ന് അഭിനയിക്കുന്ന കുറച്ചു പേര് പലതരക്കാരാണ് എല്ലാം ബുദ്ധിത്തരവും നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ ബ്രെയിൻ അതിനനുവദിക്കാത്ത പിന്നെ പണ്ടുള്ളവരിതൊക്കെ എഴുതി വെച്ചാൽ ഒന്നുകെങ്കിൽ ഞാൻ ഈ പറഞ്ഞപോലെ കാവ്യാത്മകമായ അതിശോചിച്ച് അല്ലെങ്കിൽ അവർക്ക് ഈ ബ്രെയിൻ ബയോളജിയെ കുറിച്ച് ഒരു തികച്ചും അജ്ഞന്മാര് ആയിരുന്നു എഴുതി വെച്ച